യഹോവയെ സ്തുതിപ്പീൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ യഹോവ യെരുഷലേമിനെ പണിയുന്നു അവൻ ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു മനം തകർന്നവരെ അവൻ സൌഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവന്റെ വിവേകത്തിന് അന്തമില്ല യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഉരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു അശ്വബലത്തിൽ അവനിഷ്ടം തോന്നുന്നില്ല പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു യുശലേമേ യഹോവയെ പുകഴ്ത്തുക സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്ക അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പുകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയയ്ക്കുന്നു അവന്റെ വചനം അതിവേഗം ഓടുന്നു അവൻ പഞ്ഞുപോലെ മഞ്ഞ് പെയ്ക്കുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കെട്ട കഷണം കഷ്ണമായി എറിയുന്നു അവന്റെ കുളിർ സഹിച്ചു അവൻ തന്റെ വചനമയച്ച് അവയെ ഉരുക്കുന്നു കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രയേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല യഹോവയെ സ്തുതിപ്പിയും